അവരിൽ ചിലർ പറയുന്നു എനിക്ക് അനുവാദം നൽകൂ എന്നെ പരീക്ഷണത്തിലാക്കരുത് അറിയുക അവർ പരീക്ഷണത്തിൽ തന്നെ വീണുപോയിരിക്കുന്നു തീർച്ചയായും നരകം സത്യനിഷേധികളെ വലയം ചെയ്യുക തന്നെ ചെയ്യും